സൂര്യൻ ഉദിക്കുമ്പോൾ അത് അവരുടെ ഗുഹയിൽ നിന്ന് വലതുഭാഗത്തേക്ക് മാറിപ്പോകുന്നതും അസ്തമിക്കുമ്പോൾ ഇടതുഭാഗത്തുനിന്ന് അവരെ വിട്ടുപോകുന്നതും നീ കാണും അവർ ഗുഹയിലെ ഒരു വിശാലമായ ഭാഗത്തായിരിക്കും അത് അള്ളാഹു സുബഹാനഹൂവത്തായാലായുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹു സുബഹാനഹൂവത്തായാല ആരെ സന്മാർഗത്തിലാക്കുന്നുവോ അവൻ സന്മാർഗർശിയായിരിക്കും അവൻ ആരെ വഴിപിഴപ്പിക്കുന്നുവോ അവന് സന്മാർഗദർശിയായ ഒരു സഹായിയേയും നീ കണ്ടെത്തില്ല